सत्यं ब्रह्माववदु ब्रह्म स्वभावे न उत्पत्योदय संभवन्दे तदादि अलवेनीय अनादि अवध्यावशा ब्रह्म स्वभावो अपराधीन प्रकाशोभि प्रदीपहान आवि नपडिभादीव पराधीन प्रकाशिवा ते हेन्द्रियादिभ्यो भिन्नो अवि अभिन्नैव भाषते അനർത്ഥ നിബർ സ്ഥിതി കഴിഞ്ഞ ദിവസം ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മസ്വഭാവമാണ് ബ്രഹ്മസ്വരൂപമാണ് അതെങ്ങനെയാന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് ഓർമ്മയേണ്ട ബ്രഹ്മസാക്ഷാത്കാരം സ്വരൂപമാണ് എന്നുള്ളത് വിശദീകരിച്ചത് അതിന്റെ പ്രക്രിയയാണ് വിശദീകരിച്ചത് എങ്ങനെയാണ് ബ്രഹ്മാകാര ഉണ്ടാകുന്നത് എങ്ങനെയാണ് അജ്ഞാനത്വം നശിപ്പിക്കുന്നത് കാര്യം പിന്നെ ബ്രഹ്മസ്വഭാവം എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട് ഇപ്പോ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ജ്ഞാനമാണ് വൃത്തിജ്ഞാനം അപ്പോ വൃത്തിജ്ഞാനം വൃത്തിജ്ഞാനവും നശിച്ചു അതുമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പിന്നെ അത് ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നതിന് ഒരു കാരണം ബ്രഹ്മസാക്ഷാത്കാരമെന്നു വച്ച് അഖണ്ഡാകാര വൃത്തി ഉണ്ടാകുന്നു അവിദ്യ നശിക്കുന്നു അവിദ്യയുടെ കാര്യമായ വൃത്തിയും നശിക്കുന്നു പിന്നെ ശേഷിക്കുന്നത് ബ്രഹ്മം അതുകൊണ്ട് സാക്ഷാത്കാരം സ്വഭാവം എന്ന് പറയാം അതിന്റെ വിശദകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞവണ് പറഞ്ഞത് ഇനി മറ്റു രീതിയിലും പറയാം ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും സാക്ഷാത്കാരം എന്ന് ജ്ഞാനമാണ് ബ്രഹ്മം സ്വയം ജ്ഞാനമാണ് സാക്ഷാത്കാരം ജ്ഞാനമാണ് അപ്പൊ ആ സാക്ഷാത്കാരമാകുന്ന ജ്ഞാനം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സാക്ഷാത്കാരമല്ല ബ്രഹ്മത്തോടത് അഭിന്നമായിരിക്കുന്നു കാരണം അത് അവിദ്യ കാര്യമായതുകൊണ്ട് ബ്രഹ്മത്തിന്റെ പ്രതിബിംബത്തോടു കൂടിയതായതുകൊണ്ട് അവിദ്യയുടെ കാര്യമാണ് വൃത്തി എന്നാത് ബ്രഹ്മപ്രതിബന്ധ പ്രതിബിംബത്തോടു കൂടിയതാണ് അതുകൊണ്ട് അത് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല അതുകൊണ്ട് സാക്ഷാത്കാരം ബ്രഹ്മസ്വഭാവമാണ് അത് സാക്ഷാത്കാരം ഉണ്ടാകുന്നത് സമാധിയിലാണ് സമാധിയില് സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം സാക്ഷാത്കാരം ഇങ്ങനെ രണ്ടില്ല തത്വത്തില് രണ്ടില്ല എന്തുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല സാക്ഷാത്കാരം എന്തുകൊണ്ട് അവിദ്യ കാര്യമാണ് അവിദ്യ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല പിന്നെ അവിദ്യയിൽ ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മപ്രതിബിംബമാണ് പ്രതിബിംബം ബിംബത്തിൽ നിന്ന് വേറെയല്ല അങ്ങനെ നോക്കിയാലും സാക്ഷാത്കാരം ഉണ്ടാകുന്ന സമയത്ത് ആ സാക്ഷാത്കാരം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ലാത്തതുകൊണ്ട് അത് ബ്രഹ്മസ്വഭാവമാണ് അങ്ങനെയും പറയാം ആ സാക്ഷാത്കാരം നശിച്ചതിന് ശേഷം ബ്രഹ്മം മാത്രം ശേഷിക്കുന്നുണ്ടും ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറയാൽ സാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപമാണെന്ന് എന്തിനു പറയുന്നു അദ്വൈതത്തിൽ ദ്വൈതമില്ല അപ്പോ അദ്വൈത സാക്ഷാത്കാരത്തിൽ ബ്രഹ്മവും ബ്രഹ്മാകാര വൃത്തിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതം രണ്ടെണ്ണമില്ലേ ബ്രഹ്മവും ബ്രഹ്മാകാരവും അതുകൊണ്ട് അവിടെ ദുരിതം വരാൻ പാടില്ല അതുകൊണ്ടാണ് സാക്ഷാത്കാരം ഉണ്ടാകുമ്പോഴും ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ബ്രഹ്മാകാര വൃത്തിയില്ല അങ്ങനൊരു ജ്ഞാനമില്ല അത് ബ്രഹ്മം തന്നെ ആ സാക്ഷാത്കാരം നശിച്ചു കഴിഞ്ഞാലും ബ്രഹ്മം തന്നെ ഏത് രീതിയിലായാലും ബ്രഹ്മമേ ശേഷിക്കുന്നുള്ളൂ അതിനെയാണ് ബ്രഹ്മസ്വഭാവം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് സാക്ഷാത്കാരം ബ്രഹ്മസ്വരൂപമാണ് അതുകൊണ്ടാണ് എന്നാണ് അദ്വൈത പ്രക്രിയയിൽ പറയുന്നത് അദ്വൈതികള് ബ്രഹ്മസാക്ഷാത്കാരത്തെ വ്യാഖ്യാനിക്കുന്നതാണിങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലേ ബ്രഹ്മസാക്ഷത്കാർ സാധ്യമാകൂ എന്ന് പറയുന്നതാണ് ബ്രഹ്മാകാര വൃത്തി അതിന് ബ്രഹ്മചൈതന്യം ഉണ്ട് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രഹ്മകാല വൃത്തിയിൽ എങ്ങനെ ബ്രഹ്മചൈന്യം വരും ഏതുപോലെ വരും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏതുപോലെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രഹ്മകാല വൃത്തിയിൽ ബ്രഹ്മചൈതന്യം ഏതുപോലെ വരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു തരത്തിൽ വരാന്ന് പറഞ്ഞു ഒന്നല്ല ഇതൊക്കെയാണ് രണ്ടു തരത്തിൽ വരാമെന്ന് പറഞ്ഞു ഈ പ്രക്രിയ എന്ന് പറയുന്ന ഒരാൾക്ക് പഠിച്ചേ പറയാൻ പറ്റും ില്ല അത് വെറുതെ അങ്ങ് പറയാം അതെന്ത് വേണമെങ്കിലും ഇത് പ്രക്രിയ അങ്ങനെയുണ്ട് എങ്ങനെയാണെന്നുള്ള പഠിച്ചിരിക്കും അതും കണക്ക് പഠിക്കുമ്പോൾ അപ്പോൾ അഖണ്ഡാര അഖണ്ഡാകാര വൃത്തി ചൈതന്യം വരുന്ന ഒന്നേ പ്രതിബിംബത്തിലൂടെ അല്ലെങ്കിൽ അയോ ഓണകം പോലെ ചുട്ടുപഴുത്ത ഇരുമ്പുണ്ടയിൽ ഇരുമ്പ് തീ വരുന്നത് പോലെ അവിടെ വരാം വൃത്തിയിൽ ചൈതന്യം വരാം അപ്പോ ആ വൃത്തിയിലുള്ള ചൈതന്യം എന്ന് പറയുന്നത് വൃത്തിയോടുകൂടി ഇരിക്കുന്നുണ്ട് വൃത്തി ചൈതന്യത്തിന്റെ ഉപാധിയാണ് അതുകൊണ്ട് അത് സ്വയംപ്രകാശമല്ല പക്ഷെ ബ്രഹ്മസ്വയം പ്രകാശം ബ്രഹ്മം എന്ന് പറയുന്നത് സ്വയം പ്രകാശം എന്ന എന്റെ അർത്ഥം അതിന് മറ്റാരും അറിയിക്കേണ്ട കാര്യമില്ല സ്വയം അറിവായിരിക്കുന്നു അതാണ് സ്വയംപ്രകാശം സ്വയം പ്രകാശം വൃത്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല ബ്രഹ്മത്തിന്റെ പ്രകാശം അധികമുള്ളതാണ് ബ്രഹ്മ സാന്നിധ്യത്തിലെ അത് പ്രകാശം ഉള്ളതായിരിക്കും വൃത്തിയില് ഉള്ള ചൈതന്യം അത് പ്രകാശിപ്പിക്കത്തില്ല ബ്രഹ്മാകാര വൃത്തിയുണ്ടാവുന്നു അത് ചൈതന്യത്തോടു കൂടിയ വൃത്തിയാണ് അതിന് ബ്രഹ്മ സാക്ഷാത്കാരമെന്ന് പറയുന്നു പക്ഷെ അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കത്തില്ല എന്തുകൊണ്ട് സ്വയംപ്രകാശം ആ വെറുപ്പ സ്വയംപ്രകാശമാണ് സ്വയം പ്രകാശമായിരിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നതിന്റെ ആവശ്യമില്ല ഇപ്പൊ ബ്രഹ്മകാര വൃത്തിയാണ് അതിനെ സാക്ഷാത്കാരം എന്നൊക്കെ പറയുമെങ്കിലും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല പക്ഷെ എന്റെ പേര് സാക്ഷാത്കാരമെന്നാണ് ഇപ്പോ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാത്ത അതിനെ ബ്രഹ്മ സാക്ഷാത്കാരം എന്നാണ് വിളിക്കുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെ സാക്ഷാത്കാരമാവും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല ബ്രഹ്മാകാര വൃത്തി അഖണ്ഡാകാര പേര് ബ്രഹ്മ സാക്ഷാത്കാരം ബ്രഹ്മത്തെ പ്രകാശിപ്പിച്ചില്ലെങ്കിൽ അതിനെ സാക്ഷാത്കാരം കൊണ്ടാണ് പറയുന്നു ഞാൻ പറഞ്ഞോട് ഏത് വ്യക്തി അതേന്നെ വ്യക്തി സഹ ചൈതന്യത്തോട് കൂടിയിരിക്കുന്നു അതിനെ സാക്ഷാത്കാരം എന്ന് വിളിക്കുന്നു പിന്നെ അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കത്തില്ല പിന്നെ അതിനെന്തോണ്ട് സാക്ഷാത്കാരം വിളിക്കുന്നു അതിനു മുമ്പ് അധ്യായമായിരുന്നു ഇപ്പം ആധ്യാനമുണ്ടായി അതുകൊണ്ട് സ്വയം സ്വയം പ്രകാശം സ്വയം പ്രകാശം ബ്രഹ്മത്തിന്റെ പ്രതീം ഓക്കെ അതിനൊന്നും കുഴപ്പമില്ല ബ്രഹ്മസ്വരൂപമായ ബ്രഹ്മസ്വരൂപമാണേലും തർക്കമില്ല പക്ഷെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല ബ്രഹ്മ സ്വയം പ്രകാശം എന്നുവച്ചാ ഈ പുസ്തകത്തെ ഞാൻ സാക്ഷാത്കരിക്കുന്നു പ്രത്യക്ഷമായി അറിയുന്നു സ്വയം പ്രകാശ അതിന് ഇതൊക്കെ ഈ തത്വചിന്തയിലേ ശരിയാവത്തുള്ളു പുസ്തകത്തെ സാക്ഷാത്കരിക്കുന്നു പറഞ്ഞാൽ അദ്വൈതികൾ പറയുന്ന എന്താണ് കണ്ണിക്കൂടി വൃത്തി പുറത്തു വന്നിട്ട് അവിർത്തി പുസ്തകരൂപത്തിലായി പുസ്തകത്തെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് ഈ പറയുന്നതിന് ഇന്നത്തെ അറിവ് ഒരു ബന്ധുവില്ല പണ്ട് മനുഷ്യന് ബോധമില്ലാത്ത കാലത്ത് എഴുതി വെച്ചാണ് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത അന്ന് അവരുടെ ബോധം ഉണ്ടായിരുന്നു അല്ല വൃത്തി പുറത്തു പോയി ഇതിനിക്കുന്ന അങ്ങനെയൊന്നും നടക്കുന്നില്ല ഒന്നും പുറത്തൊന്നും വരുന്നില്ല ആകെ ഇതിന്റെ പ്രതിബിംബം നമ്മളെ കണ്ണിൽ പതിയുന്നുള്ളൂ അല്ല ഉള്ളിന്ന് എന്തെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല പറയാം അങ്ങനെ ഒരു സാധനമൊന്നുമില്ല അങ്ങനെ പുറത്തേക്ക് വരുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണമെന്ന് പറയുന്നത് ബ്രഹ്മാകാരത്തിൽ പരിണമിക്കുക കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ലോകന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞാണ് അതിന് ബ്രഹ്മ സാക്ഷാത്കാരമെന്ന് പറയുന്നു ബ്രഹ്മണെങ്കിലോ സ്വയം പ്രകാശിക്കുന്നതാണ് അതിനാരും സാക്ഷാത്കരിക്കേണ്ട കാര്യം എന്താണ് അതിനെ സാക്ഷാത്കാരമെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു അവന്റെ പണി എന്താ ഇതാണ് ചോദിച്ചത് പറഞ്ഞതാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിണ്ട് എന്റെ ജോലി എന്ന് ചഴിഞ്ഞാൽ അതിന്റെ ജോലി അതിനെ സാക്ഷാത്കാരം എന്ന് വിളിക്കുന്നത് അത് അവിദ്യയെ നശിപ്പിക്കുന്നോണ്ടാണ് അല്ലാതെ ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കുന്നോണ്ടല്ല അവിദ്യയെ നശിപ്പിക്കുന്നോണ്ട് അതിനെ സാക്ഷാത്കാരം എന്ന് പറയുന്നു അല്ലാതെ പുസ്തകത്തെ എന്റെ അന്ധകരണം പ്രകാശിപ്പിക്കും പോലെ ബ്രഹ്മത്തെ ഈ അന്ധകരണം പ്രകാശിപ്പിക്കത്തില്ല അന്ധക്കരണ വൃത്തി എന്ത് ചെയ്യുന്നു അഖണ്ഡാകാര വൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അവിദ്യ പിന്നെ ശേഷിക്കുന്ന എന്തോ അതാണ് ബ്രഹ്മം സ്വയം പ്രകാശം ബ്രഹ്മം സ്വയം പ്രകാശമാണെങ്കിലും സാക്ഷാത്കാരം കൂടിയേ തീരും സാക്ഷാത്കാരം ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല സാക്ഷാത്കാരം കൂടിയേ തീരൂ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണോ അജ്ഞാനാശം അജ്ഞാനനാശത്തിന് വൃത്തി സ്വീകരിച്ചേ പറ്റൂ ഇതാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ശരിക്കും ബാഹ്യമായി പന്തക്കണ്ണ വൃത്തി പോയി വിഷയങ്ങളെ വ്യാപിച്ച് വിഷയത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പണ്ടത്തെ സയൻസ് യൻസാണ് ആ സയൻസിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഉള്ളിൽ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുന്നൊക്കെ പറയുന്നു അപ്പൊ ഇന്ന് പ്രത്യക്ഷമായ ഒരു വിഷയത്തെ കാണുന്നിടത്ത് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല അങ്ങനെയാണെങ്കി ഇന്നത്തെ രീതി അനുസരിച്ച് ഈ സാക്ഷാത്കാരത്തിനെങ്ങനെ വ്യാഖ്യാനിക്കും വൃത്തി വ്യാപിക്കുന്നില്ലല്ലോ ഒരു വിഷയത്തെ പുറമേ ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നതിനും വൃത്തി പുറത്തുപോയി വിഷയത്തെ വ്യാപിക്കുന്നു അതുകൊണ്ട് അതുപോലെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോഴും വൃത്തി ഉള്ളിൽ ബ്രഹ്മ ആകാരത്തെ വ്യാപിക്കണമെന്നാണ് പറയുന്നത് പഴയ സയൻസ് ഇന്ന് പറയുന്ന എന്താണ് അങ്ങനെ പുറമേ ഏതെങ്കിലും ഒരു വസൂനം കാണി കാണുന്നതിനു വേണ്ടി വൃത്തിയുടെ വ്യാപാരം ആവശ്യമില്ല വൃത്തി അങ്ങനെ വ്യാപരിക്കുന്നില്ല അതിന്റെ പ്രതിബിംബം വരുന്നു െന്ന് പറയുന്നത് ശരിക്കും എവിടെയാ സംഭവിക്കുന്നത് വൃത്തിയായിട്ടൊന്നും എൻ്റെ ഒരു ബന്ധം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രീതിയിൽ ബ്രഹ്മ സാക്ഷാത്കാരത്തെ മനസ്സിലാക്കും ഇന്നത്തെ രീതിയിൽ ശരിയാണ് ബ്രഹ്മാകാരം വൃത്തി വ്യാപിക്കുന്നു അജ്ഞാനത്തെ നശിപ്പിക്കുന്നു വൃത്തി നശിക്കുന്നു ബ്രഹ്മസ്വയം പ്രകാശിക്കുന്നു ഇന്നിപ്പം വൃത്തി എന്ന് പറയുന്നത് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ബ്രഹ്മജ്ഞാനം ബ്രഹ്മസാക്ഷാത് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അതൊരു വാക്കല്ലേ ആയാലും എന്ന് പറഞ്ഞ ഒരു വാക്കല്ലേ ആയുള്ളൂ ഇന്ന് ബ്രഹ്മസാക്ഷത് എങ്ങനെ പറയും ഇന്നത്തെ ഭാഷ അവയർനെസ് എന്ന് വെച്ചാൽ എന്തിനെ കുറിച്ചുള്ള എന്നിട്ട് ബോധം ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം സെൽഫ് അവയർനെസ് അപ്പൊ ഈ സെൽഫെന്താ അത് ഇന്നത്തെ ഭാഷയിൽ പറയണം അപ്പൊ സെൽഫെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ െൽഫെന്ന് പറയുന്നോട് പറയണ്ടേ ഇന്നത്തെ രീതി അനുസരിച്ച് അപ്പൊ സെൽഫെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സെൽഫെന്ന് പറയുന്നതിന് ഇന്ന് കോൺഷ്യസ്നസ് എന്ന് പറയും സെൽഫ് ഇന്നത്തെ രീതിയിൽ മറ്റൊന്നും പറയാൻ പറ്റില്ല ഏത് ബ്രഹ്മം ഒന്നും പറയാൻ പറ്റില്ല അതിന് ഡിഫറന്റ് പരിഭാഷ കോൺഷ്യസ്നസ് എന്താണ് കോൺഷ്യസ്നെസ് നോട്ട് പാർട്ട് Product, property of the body, consciousness body. Mm. And the The consciousness And statements. In ബോഡി അതിന് കോൺഷ്യസ്നെസ് തോന്നി എന്നൊക്കെ പറയും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എന്നിട്ടാണ് ഒരു വർദ്ധി ധാതവനാം അനേകാർഥാ അനേകാർത്ഥ്സിൽ മീനിംഗ് അനേകാർഥി അതുകൊണ്ട് കോൺഷ്യസ്നെസ് അതൊക്കെ ഓരോ വക്താവിന്റെ ഇതിനെ ആശ്രയിച്ചിരിക്കും അതിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലനേഷൻ ചെയ്യും എന്താ പറയാ ഈ പിന്നെ നമ്മടെ വ്യാകരണത്തിലൊക്കെ അവര് പേര് കൊടുത്തിട്ടുള്ളത് മാറ്റി പറയാ പിന്നെ അതില് രൂഢി അർത്ഥം എന്താണെന്നുള്ളതാണ് രൂഢ അത് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്ന അത് വേണ്ടത് ഉപയോഗിക്കുന്ന വേർഡുകളൊക്കെ ഉണ്ട് ഇപ്പൊ സൂര്യൻ പറഞ്ഞാൽ സൂര്യൻ അങ്ങനെ റൂഢി അർത്ഥങ്ങളുണ്ട് പക്ഷെ ഈ വേർഡ്സിന് പരിഭാഷക്കിയറിങ് മെഡിക്കൽ അവർക്കെല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേംസ് ഉണ്ട് ാരും പറഞ്ഞു ഒരു വാക്കിനൊരർത്ഥം പറയു ഇവിടെ ആരും പറഞ്ഞില്ല പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ആരോ പറഞ്ഞ ഞങ്ങൾ ആരോ ഒന്നിനും പറയുന്നു ഇത് പറഞ്ഞിട്ടില്ല ഇപ്പോ ബ്രഹ്മെന്ന് പറയുന്ന വ്യാപിക്കുന്നു എന്നൊന്നും ഇന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ പ്രത്യക്ഷത്തിന്റെ ജീവിയൊക്കെ മാറിപ്പോയി അതുകൊണ്ടാണെന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം എന്നെ പറയുന്നത് കോൺഷ്യസ്നസ് കോൺഷ്യസ്നസ് കോൺഷ്യസ് അവയർനസ് എന്നൊക്കെ പറയും അപ്പോ അത് ഉള്ളിലുണ്ട് കോൺഷ്യസ് അവയർനെസ് അതിനെ കുറിച്ചുള്ള അവയർനെസ് നെറ്റ് അവയർനെസ് എന്നൊക്കെ ഇന്ന് പറയും അങ്ങനെ പറയാൻ പറ്റും അങ്ങനെയൊക്കെ ഇന്ന് പറയുന്നു അങ്ങനെയൊക്കെയാണ് ഇന്ന് പറയുന്നത് ഇതല്ല ഇങ്ങനെ പറഞ്ഞാല് പ്രയാസവും കാരണം പ്രത്യക്ഷത്തിന്റെ പ്രക്രിയ ഇന്ന് ഇങ്ങനെയല്ല അദ്വൈതത്തിന് സാറിന് പറയുന്ന കാര്യങ്ങളുടെ അദ്വൈതത്തിൽ സാധാരണ പറയുന്ന അവിടെയും പറഞ്ഞെന്താണോ അനുവചനീയമായി അദ്വൈതയുടെ മാസ്റ്റർ പീസാണെന്ത് അനുവചനീയം അതായത് ജ്ഞാനത്തെ അങ്ങനെയൊക്കെ വിശദീകരിക്കാൻ പറ്റും അദ്വൈത ജ്ഞാനത്തെ അത് ഗുരുവോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജ്ഞാനം സൃഷ്ടിക്കുന്നു എന്നുള്ള അദ്വൈതിയുടെ കാഴ്ചപ്പാട് അറിവാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് അറിവിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം അത് അദ്വൈതത്തിൽ അങ്ങനെ പറയുന്നതാണ് സാർ ഭൗതികമായിട്ടങ്ങനെ പറയാൻ പറ്റില്ല അദ്വൈതത്തിൽ പറയാം ജ്ഞാനമാണ് സൃഷ്ടിക്കുന്നത് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന അറിവാണ് ഇവിടെ പറയുന്നത് എന്താണ് ബ്രഹ്മസ്വഭാവമായോണ്ട് ഞാൻ ഉത്പത്തി അതേ സംഭവം ബ്രഹ്മസ്വരൂപത്തിൽ ഉത്പത്തിയൊന്നുമില്ല അന്ന് പറഞ്ഞല്ല ഉപത്തി വികാരം സംസ്കാരം ആപ്തി കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇതൊന്നും ബ്രഹ്മസ്വരൂപത്തിൽ സംഭവിക്കില്ല ബ്രഹ്മനിത്യമാണ് നിത്യത്തിലങ്ങനെ ഉത്പത്തി ഉണ്ടാവും അത് എന്താണ് നിർവികാരിയാണ് അതുകൊണ്ട് അതില് വികാരം എങ്ങനെയുണ്ടാവും അത് അസംസ്കാരിയമാണ് അതിൽ സംസ്കാരം എങ്ങനെയുണ്ടാവും വിഭവമാണ് അതിലിങ്ങനെ പ്രാപ്തി ഉണ്ടാവും അത് സംഭവം നീ അപ്പൊ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തെ വിശദീകരിക്കണം ഞാൻ ആദ്യം അതിനെ അംഗീകരിക്കണം അങ്ങനൊരു സാധനമുണ്ട് അത് നമ്മുടെ മനസ്സുകൊണ്ട് കല്പിക്കുന്നതല്ല അത് പരമാർത്ഥ സത്യമാണ് ബാക്കി കാണുന്നതെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നതാണ് ബാക്കിയെല്ലാം കല്പനയാണ് കാഴ്ചാപ്പാടനുസരിച്ച് ഈ ശരീരം ഉൾപ്പെടെ കല്പനയാണ് നമ്മുടെ ശരീരവും കല്പനയാണ് ആ ശരീരം എങ്ങനെ കല്പനയാവും കാരണം ഇതിന് ഒരു ജന്മം ബാല്യം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ഒരു പറയുന്നുണ്ടോ ദ്വൈതത്തിന്റെ പ്രക്രിയ അനുസരിച്ച് ഇപ്പം നമ്മൾ ഇരുന്ന് കൊണ്ട് ബാക്കി പിന്നിലേക്ക് കല്പിക്കുന്നതാണ് ഒരു വ്യവഹാരമാണ് ഞാൻ ജനിച്ചു ഞാൻ ശിശുവായിരുന്നു യുവാവായി ബുരുദ്ധനായി ഇതൊക്കെ ഞാൻ ഇരുന്ന് കൽപ്പിക്കുന്ന ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് കല്പിക്കാദ് സ്ഥിരം പറയുന്നതാണ് ഞാൻ കല്പ്പനെയാണ് പക്ഷെ ഭൗതികമായി ഇന്നത്തെ കാഴ്ചപ്പാട് അംഗീകരിക്കില്ല നിങ്ങളുടെ കൽപ്പനയും ഈ ഭൗതികവുമായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത് അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൗതികവുമായിട്ടുള്ള ചില പരിമിതികൾ ലോകത്തുണ്ട് ഫിസിക്കൽ റിസ്റ്റൈൻസ് എന്ന് പറയും ഈ പ്രപഞ്ചത്തിലുണ്ട് നിങ്ങളുടെ കല്പന കൊണ്ടല്ലാതെ അതിനേതായ പരിമിതികളുണ്ട് പക്ഷെ നിങ്ങളുടെ കൽപ്പന കൊണ്ടല്ലാതെ നിങ്ങളുടെ കല്പനയ്ക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു സാധനം മേളിയും താഴോട്ട് വീഴുന്ന എന്തുകൊണ്ടാണ് ഗുരുത്വാകർഷണം ഈ ഗുരുത്വാകർഷണമെന്ന് പറയുന്നത് നിങ്ങളുടെ കൽപ്പന കൊണ്ട് അതിനും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാറ്റാനൊന്നും പറ്റില്ല ഇപ്പോൾ എന്റെ കൽപ്പന കൊണ്ടാണ് ലോക സൃഷ്ടി എന്നൊക്കെ ഇല്ലേ നിങ്ങള് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഘട്ടത്തിന്റെ മേളക്കറിയിക്കുക അവിടെ കയറി കൊണ്ട് കൽപ്പിക്കുക ഈ ഗുരുത്വാകർഷണമെന്ന് പറയുന്നത് മിഥ്യയാണ് അതിന് ശക്തിയൊന്നുമില്ല ഞാനീ കാണുന്നതല്ല എന്റെ കല്പന കൊണ്ട് സംഭവിക്കുന്നതാണ് ശരിക്കും ഗുരുത്വാകർഷണം ഞാൻ കല്പിച്ചു കൊണ്ട് ഇല്ല ഇത് നല്ലോണം നമ്മൾ ചിന്തിക്കുക അപ്പൊ ഞാൻ കൽപ്പിച്ചാലേ ഗുരുത്വാകർഷണമുണ്ടോ ഇല്ലെങ്കിൽ ഗുരുത്വാകർഷണം ഇല്ല എന്ന് കൽപ്പിച്ചിട്ട് മേള തലയിൽ നിന്ന് ഒറ്റച്ചാട്ടം തൊട്ട് വെച്ചു കൊടുക്കും എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മളെ കൽപ്പിച്ചാലൊക്കെ ഉള്ളു ഗുരുത്വാകർഷണം അതിന് ഭൗതികമായി നമ്മുടെ കല്പനയ്ക്കപ്പുറം ഒരു യാഥാർത്ഥ്യം ഇല്ലെന്നാണ് അദ്വൈതി പറയുന്നത് അത് കാലിലൊരു സമയം പറ്റിയത് ഓരോ ടെക്നിക്കുകൾ ഉപയോഗിച്ചു ഇപ്പൊ ഗുരുത്വാകർഷണന്ന് പറയാ ഭൗതികമായ നിയമങ്ങളെല്ലാം നമ്മുടെ കല്പനയാണെങ്കിൽ ള് കല്പനയാണെന്ന് ദൃഢമായി കല്പനയാണെന്ന് കരുതിയിട്ട് മേളയിൽ നിന്ന് തവട്ടി ചാടി നോക്കണം കല്പനയാണെങ്കി അത് വർക്ക് ചെയ്യത്തില്ല മനസിലായ അപ്പൊ എന്തെങ്കിലും ഒരു കല്പന ഏഹ് വേറെ അർത്ഥം വേണമെങ്കിൽ പറയാം എന്താണ് കല്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്പന അല്ല ഈശ്വരന്റെ ഈശ്വരന്റെ കല്പനയാണ് പ്രപഞ്ചം അപ്പൊ ഈശ്വരൻ കൽപ്പിച്ച് വെച്ചിരിക്കണം നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കൽപ്പന അല്ല അങ്ങനെ പക്ഷെ മോഹങ്ങളും അതുകൊണ്ട് അതൊക്കെ ചിലപ്പം നടക്കും ചിലപ്പം നടക്കത്തില്ല നടന്നെന്നും വരാം നടന്നില്ലെന്നും വരാം അത് കല്പന യഥാർത്ഥം ആയെന്നും വരാം ോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് ലോട്ടറി അടിക്കുമെന്ന് കല്പിച്ചാ ചെലപ്പോ അടിക്കും അടിക്കാതെ ഈശ്വരനും സത്യസങ്കല്പറ മനുഷ്യനും പറയാൻ പറ്റില്ല മനുഷ്യനെ സങ്കല്പിച്ചു കഴിഞ്ഞാ എല്ലാം സത്യമാവും ഇല്ല അപ്പൊ ഈശ്വരൻ സത്യസങ്കല്പനാണെന്ന് ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് പറയാം ഉണ്ടാ വിശ്വാസം ഉണ്ടാ വിശ്വാസം ഉണ്ടാകുന്ന ഈശ്വരൻ ഉണ്ടെന്ന് ആ ഉണ്ടെങ്കിൽ ഈശ്വര സത്യസങ്കല്പന ഇല്ലെങ്കിൽ അതില്ല ആ ഒരു വ്യക്തിയുടെ സങ്കല്പനുസരിച്ചാണ് ഈശ്വരൻ ഉണ്ടെന്ന് സങ്കല്പിച്ചത്യസങ്കല്പനാണ് അപ്പൊ ഈശ്വരന്റെ സങ്കല്പം അനുസരിച്ചാണ് ഗ്രാവിറ്റിശ്വര സങ്കല്പിച്ചിരിക്കുന്ന നമുക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പൊ പ്രപഞ്ചത്തിന്റെ എല്ലാ അങ്ങനെയാണ് പിന്നെ അതെ അത്യം അതാത് കാരണങ്ങളും അതാത് കാര്യങ്ങളിരിപ്പുണ്ട് അതുകൊണ്ട് അതിനൊന്നും കാര്യം ഉണ്ടാകും അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന പ്രക്രിയകളെല്ലാം പഴയ മനുഷ്യന്റെ അറിവ് വെച്ച് പറഞ്ഞതാണ് ഇന്നത്തെ അറിവിച്ച് ഇതൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ മനുഷ്യന്റെ ഭൌതികമായി അറിവിച്ചു കാരണം ഇന്ന് മനുഷ്യൻ പ്രത്യക്ഷത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടൊക്കെ മാറിക്കൊള്ളു ഇന്നും അവിടെ വൃത്തി പുറത്തു പോകുന്നില്ല വൃത്തി വിഷയത്തെ പരിണമിക്കുന്നില്ല വൃത്തി വിഷയത്തിൽ പരിണമിക്കുന്നു എന്നുള്ള നിയമം വെച്ചുകൊണ്ടാണ് വൃത്തി ബ്രഹ്മത്തെ ബ്രഹ്മാകാരമായി പരിണമിക്കുന്നു പറയുന്നു ഇന്ന് പ്രത്യക്ഷത്തിന് അങ്ങനെ വൃത്തി പരിണമിക്കേണ്ട ആവശ്യമില്ല ്രഹ്മകാര വൃത്തിയുടെ ആവശ്യമില്ല അതുകൊണ്ട് എന്താണ്സ് എന്ന് പറയും അവരതും ഇതൊന്നും പറയാറില്ല എന്തുകൊണ്ടവര് പറയുന്നില്ല കാരണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ പ്രത്യക്ഷത്തിന് വേണ്ടി അന്തക്കെണ്ണ കുറിച്ച ഒരു വസ്തുവിനേയും വ്യാപിക്കുന്നില്ല അപ്പം ബ്രഹ്മത്തെയും വ്യാപിക്കേണ്ട കാര്യമില്ല അപ്പം അവർ പറയും കോൺഷ്യസ് അവയർനസ് ബ്രഹ്മം എന്ന് പറയുന്നത് കോൺഷ്യസ് അവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു അവയർനെസ് അത്രയുള്ളു അവിടെ ഈ വൃത്തി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരത്തില്ല അങ്ങനെ പറഞ്ഞാണ് ഇന്ന് അദ്ദേഹികള് തടി രക്ഷിക്കുന്നു അതുപോലെ അറിഞ്ഞിരിക്കണം ബോധം ബോധം പ്രതി ബോധം അവയർനെസ് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഗുരുദേവനുസരിച്ചാണ് അവസാനം ഞാൻ വെച്ചാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിഭൂർ പ്രതിഭ അതും അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് സ്വാമിജി അല്ല അല്ല പ്രതി അവിടെ ഈ പ്രതിഭാണെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് സ്വാമിജി പ്രതിഭാണുദ്ദേശിക്കുന്നത് എന്താണ് പ്രകൃതി പ്രാണിഹം ഞാനെക്തം പ്രവൃത്ത ജനൈസൂർ ഹിംസ അതിന്റെ തുടക്കം അതിനാണ് പ്രതിമതാ എന്ന് പറഞ്ഞിരിക്കുന്നത് സ ശ്രൈലിംഗ ശബ്ദമാണ് സെന്താ പറഞ്ഞത് ശ്രീ ആ പദ്ധ്യത്തിന്റെ തുടക്കം പ്രകൃതി ൊക്കെ പറയുന്നു സൃഷ്ട പ്രകൃതി അനുപ്രവിശദീരിയതേ ആ യാന്ന് പറയുന്ന ശ്രീലിംഗ് എന്തിനാണോ പറഞ്ഞു പ്രതിഭൂർണി പറയുന്ന എന്ത് ആത്മാവിനത്തന്നെ പറയുന്നു സ്ത്രീലിംഗത്തിൽ പറഞ്ഞു ഊന്നേ ഉള്ളു പ്രതിപത്ത് എന്ന് പറയുന്ന ശബ്ദമാണ് ആപഞ്ചൈവ ഫ യഥാ വാച ദിശ നിശ പഠിച്ചിട്ടുണ്ടാകും അതെ അമ്പിയും പ്രതിപത് എന്ന് പറയുന്ന അമ്പത്തിന് ടാപ്പ് പ്രത്യാനം ചേർത്ത് പ്രതിപഥാ ശബ്ദത്തിന് ദിശ എന്ന് പറയുമ്പോൾ ഓരോ പദത്തിലും എന്നർത്ഥം ഓരോ പദത്തിലും ഓരോ ചുവടിലും നമ്മള് പറയുന്നേ ഇതൊക്കെയാ പറയുന്നത് സംസ്കൃതം പഠിക്കുന്നു ഓരോ ചവിട്ടിലും പൂർണ്ണമായിരിക്കുന്നു ഓരോ അടിക്കും പൂർണ്ണമായിരിക്കുന്നു ചന്ദ്രന്റെ ഡിജിറ്റൽ ഉം എന്താണ് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷട്ടി എന്ന് പറയുന്ന ചന്ദ്രന്റെ ഓരോ ദിവസത്തെ വൃദ്ധക്ഷയങ്ങളെ അങ്ങനെ പറയും അത് ഇതുമായിട്ട് വന്നോന്നില്ല അഖണ്ഡ അത് നമ്മളീ പറയുമ്പോ മനസ്സിലാവും അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത് പ്രത്യക്ഷം അന്ധക്കരണപ്പെടുത്തി പുറത്തുപോയി വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അദ്വൈതയുടെ പ്രക്രിയ അനുസരിച്ച് മാത്രമേ അഖണ്ഠാകാര വൃത്തി എന്ന് പറ്റൂ അങ്ങനെ അദ്വൈതികൾ ധരിച്ചിരുന്നുകൊണ്ടാണ് ഈ അഖണ്ഡ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരേർപ്പാട് വന്നത് ഇന്ന് ബാഹ്യമായ ഏതെങ്കിലും ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ സംഭവമേ ഇല്ല എന്ന് മനുഷ്യർക്കറിയാം എങ്ങനെ ഒരിടത്തും ഒരു വൃത്തിയും വിഷയാകാരമാകുന്നില്ല അതുകൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാര പറയുന്നതിന് ഇങ്ങനെ ഒരു വൃത്തി ആവൃതിയിൽ വൃത്തി പരിണമിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി മനസ്സിലാവും മനസിലായ പുസ്തകത്തെ സാക്ഷാത്കരിക്കുന്നതിന് വൃത്തി പുസ്തകാകാരത്തിൽ പരിണമിച്ചാൽ മാത്രമേ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് വൃത്തി ബ്രഹ്മാകാരമായി പരിണമിക്കേണ്ട ആവശ്യം ൂ ഇന്ന് വസ്തുക്കളുടെ പ്രത്യക്ഷത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ പ്രത്യക്ഷം നടക്കുന്ന എന്താണ് നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത് അപ്പൊ അവിടുത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ദ്രിയങ്ങളും വസ്തുവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്ന ഇത്രയേളൂ വസ്തുവിന്റെ പ്രതിബിംബം നമ്മുടെ റെട്ടിന് പതിയുന്നു പിന്നെല്ലാം പോയി ബ്രെയിനിൽ പരിപാടികൾ നടക്കുന്നു സന്നിവേഷം എന്ന് പറയുന്നത് ശരിയാണ് ഇന്ദ്രിയവും വിഷയവുമായിട്ട് ബന്ധം വരുന്നു സന്നിവേഷം എന്ന് വെച്ചാൽ ബന്ധം അത്രയും ശരിയാണ് അത് പണ്ട് പറഞ്ഞത് ഇന്ന് പറയുന്നത് ശരിയല്ല ഇന്ദ്രിയവും വിഷയവുമായിട്ട് ബന്ധം വരുന്നു പക്ഷെ വൃത്തി വിഷയത്തിൽ വ്യാപിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം അന്ന് ഇന്നത്തെ സയൻസ് അത് അതുകൊണ്ട് ബ്രഹ്മ അഖണ്ഡാകാര വൃത്തി എന്നു പറയുന്നതിന് യാതൊരു അർത്ഥമില്ല അങ്ങനെ ഒരു ഇവിടെ ആവശ്യമില്ല ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് അപ്പോ പിന്നെന്താണ് അതുകൊണ്ടാണെന്ന് പറയുന്ന അവയർനെസ് കോൺഷ്യസ് അവയർനെസ് എന്നൊക്കെ പറയുന്നതാണ് അപ്പോ അത് സംഗതി എളുപ്പമാണ് അപ്പോ ബ്രഹ്മെന്ന് പറയുന്നത് എന്താണ് കോൺഷ്യസ്നെസ് ബ്രഹ്മ സാക്ഷാത്കാരം എന്താണ് കോൺഷ്യസ് അവയർനെസ് കോൺഷ്യസ് അവർനെസ് പക്ഷെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്താണ് ഇവിടെ ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തം എന്നൊക്കെയാണ് അപ്പൊ നമ്മുടെ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തമാണോ എന്നൊരു ചോദ്യം പേര് നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിലുണ്ട് ഇത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് കോൺഷ്യസ്നെസ് ബ്രഹ്മം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല മനസിലായോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ്നെസ് ബോധി ബ്രഹ്മ തെറ്റൊന്നുമില്ല പക്ഷേ ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ആയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ്നെസ് അങ്ങനെയാണോ ആണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റും അത് തെളിയിക്കാൻ പറ്റില്ല വിശ്വാസം എങ്ങനെ അതെന്താ കോൺഷ്യസ്നെസ് നിത്യമാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നിത്യമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ തരത്തില് നിർമ്മലെന്നും മനസ്സിലാക്കാൻ നിർമ്മലം അത് തന്നെ പിന്നെ അത് നിത്യമായിരിക്കണം നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഉണ്ടായി മറയുന്നതാണ് നിത്യം എന്നെ മനസ്സിലാക്കും അതന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും നമ്മുടെ കോൺഷ്യസ്നസിന് കാരണം അത് നമുക്കറിയാം ഉണ്ടായി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ അത് പിന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം അദ്വൈതകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇത് എറ്റേണലാണെന്ന് അതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നസ്സും എറ്റെണ്ണ എറ്റണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മള് മരിച്ചു കഴിഞ്ഞാലും നമ്മള് ജനിക്കുന്നതിന് മുമ്പ് അത് ഉണ്ടായിരിക്കണം മനസിലായോ നമ്മുടെ രീതിയിൽ പറഞ്ഞു നോട്ട് ലിമിറ്റഡ് ബൈ ദൗണ്ടറി ഓഫ് ദ ബോഡി പറഞ്ഞു പറയാനോ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരാളുടെ കോൺഷ്യസ്നെസ് വേറൊരാളുടെ കോൺഷ്യസ്നെസ് ഇത് രണ്ടാവണം ഒന്നെ ബൗണ്ടറിയില്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായിട്ടല്ലേ ഇരിക്കുന്നു ഇപ്പൊ എന്റെ ബോധമല്ലല്ലോ വേറെ ബോധം അപ്പൊ ഇതിന് ബൌണ്ടറി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇന്നിപ്പോ അങ്ങനെയൊക്കെയാണ് കാരണം പഴയതും ഇതുമായിട്ട് യോജിപ്പിക്കണ്ടേ അത് ബ്രഹ്മം വിഭുവാണ് അപ്പൊ ബ്രഹ്മത്തെയാണ് കോൺഷ്യസ്നസ്സെന്ന് പറയുന്നത് അപ്പൊ കോൺഷ്യസ്നെസ് വിഭുവായിരിക്കണം ി പ്രസന്റ് കോൺഷ്യസിനെസ് ഒനി പ്രസന്റ് ആയി എന്റെ ഉള്ളിലും വേണം വേറെ ആളുടെ ഉള്ളിലും വേണം സമ്മതിക്കാം എന്റെ ഉള്ളിലും ഉണ്ട് വേറെ ഉള്ളിലും കോൺഷ്യസ് പക്ഷെ രണ്ടും ഒന്നാമുണ്ടേ ഒരേ കോൺഷ്യസ്നെസ് ആണ് രണ്ടുപേരുടെ ഉള്ളിലിരിക്കണെങ്കിൽ രണ്ടുപേർക്ക് ഒരേ സമയം ഒരുപോലെ ബോധം വരണ്ടേ ഞാൻ ചക്ക ബോധം വരും അടുത്തിരിക്കുന്നാണ് ബോധം വരണ്ടേ അങ്ങനെ വരുന്നുണ്ടോ അപ്പൊ പിന്നെ രണ്ടുപേരുടെ ഉള്ളിലിരിക്കുന്ന കോൺഷ്യസ്നെസ് ഒന്നാവുന്ന അതൊക്കെ തെളിയിക്കാൻ പ്രയാസമാണ് പക്ഷെ വിശ്വസിക്കാം പഴയ അദ്വൈതവുമായിട്ട് യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും തെളിയിക്കാൻ പറ്റത്തില്ല ആ ഭാഗങ്ങളൊക്കെ മനുഷ്യന്റെ വിശ്വാസമായിട്ടുണ്ട് കോൺഷ്യസ്നെസ് നിർവികാരി എന്നാ പറയുന്നത് നമ്മളിലിരിക്കുന്ന കോൺഷ്യസിനസ്സൊക്കെ മാറിപ്പോകുന്നു ഇപ്പോഴത്തെ ബോധമുള്ള കുറച്ച് കഴിയുമ്പോൾ ഉള്ളത് ഇപ്പൊ നിർവികാരി അതെങ്ങനെ തെളിയിക്കും അതൊക്കെ മനുഷ്യൻ അതൊക്കെ വിശ്വസിക്കും പണ്ടെങ്ങനെയല്ല കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തൊരു ബ്രഹ്മുണ്ട് ആ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം വേറെയുള്ളു ഇത് രണ്ടും നിർവീകാരം നിരൂപാധികം അതദ്ധം അദ്വൈതി പറയുന്ന നിരുപാധികമായ ഞാനുണ്ട് സ്വാഭാവികമുണ്ട് നിരുപാധികമാണെന്ന് പറയാനുള്ളത് ഉം അതെ ജ്ഞാനമേകി നിരുപാധികം സ്വാഭാവികം ചത് അഹങ്കാരാധീനമ്യന്ത നിരുപാധികം അതൊക്കെ ജ്ഞാനത്തെ സംബന്ധിച്ച് അദ്വൈതി പറയുന്നത് ഇന്ന് ജ്ഞാനം സ്വാഭാവികവും നിരുപാധികവും എങ്ങനെ തെളിയിക്കും ഒരു വഴിയും തെളിയിക്കാൻ പറ്റത്തില്ല അദ്വൈതം എന്ന് പറയുന്നു വിശ്വസിക്കണം അദ്വൈതത്തെ നമ്മള് വിശ്വസിക്കണം എന്തായാലും ഇങ്ങനെ വേഷം കെട്ടിങ്ങനക്കുന്നില്ല അപ്പൊ ഇരുന്നോട്ടെ കട പറഞ്ഞ പറഞ്ഞു മൂക്കുപൊറിച്ച ദൈവത്തെ കഴിഞ്ഞിട്ട് ദൈവത്തെ കടകളൊക്കെ പറയുന്നത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് അവരൊരു തർക്കവും ഇല്ല പക്ഷെ അത് നിത്യശുദ്ധ ബുദ്ധമുക്തം എന്ന് പറയുമ്പോഴും എറ്റയണലാണെന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് എന്ന് പറയുമ്പോഴും അത് ശരിയാണ് എല്ലാവർക്കും അതൊന്നു വെച്ചാ ബോധമാണ് ഇള്ളല്ലല്ലോ ബോധമില്ലായ്മയല്ലോ അത് കറക്റ്റ് അത് പെട്ടെല്ലാ ആത്മീയവാദികളും പറയുന്നതാണത് പഴയ കാലത്ത് അത് ശരിയാണ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ന ഉത്പത്തിയാതെ സംബോന്തി ആ ബോധം ബ്രഹ്മ അതിന് ഉത്പത്തി സംസ്കാരം പ്രാപ്തി ഇതൊന്നും അതിന് സംഭവിക്കുന്നില്ല അത് നിത്യമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധം നിത്യമാണെന്ന് വെച്ചാൽ നമ്മള് ജനിക്കുന്നുമ്പെ ഞാൻ ബോധമായിട്ടുണ്ടായിരുന്നു നശിച്ചു കഴിഞ്ഞാലും മരിച്ചാലും ഞാൻ ബോധമായി നിലനിൽക്കും ഇതാണ് അദ്വൈതം പറയുന്നത് ആ ബോധം എന്ന് പറയുന്നത് എന്താണ് അവിടെ ജീവനെന്നോ ഈശ്വരൻ എന്നോ ഉള്ള ഭേദമില്ല തഥാപി ഇങ്ങനെയൊക്കെയാണെങ്കിലും അനുവചനീയ അനാദി അവിദ്യാവശ്യം അവിടെ കടന്നു വരുന്നു വേറൊരാളാര് അവിദ്യ എന്തിനാ അവിടെ അവിദ്യ കൊണ്ടുവരുന്നത് അവിദ്യ ഉണ്ടായാലേ സൃഷ്ടി നടത്തും സൃഷ്ടി നടന്നാലേ ബ്രഹ്മ സാക്ഷാത്കാരം സംഭവിക്കും കാരണം ബ്രഹ്മ വേണ്ടേ സൃഷ്ടി നടന്നാലേ വൃത്തിയുണ്ടാവും സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവിദ്യ സ്വീകരിക്കുന്നത് അവിദ്യയെ നശിപ്പിക്കുന്ന വൃത്തിയാണ് സാക്ഷാത്കാരം അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധനമുതലായ വിഭൂതിയായി അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അതാത് സമം തിരിഞ്ഞു ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏത് ഈ സൃഷ്ടി സംഭവിക്കുന്നത് എന്തിനു വേണ്ടി ഈ ബ്രഹ്മത്തിന് സ്വയം അറിയാൻ വേണ്ടിട്ടാണ് ബ്രഹ്മത്തിന് ബ്രഹ്മത്തെ അറിയണം അതിനുവേണ്ടി ബ്രഹ്മം എന്ത് ചെയ്തു സൃഷ്ടി ആരംഭിച്ചു സൃഷ്ടി അതിനു വേണ്ടിയിട്ടാണ് അതെങ്ങനെ സൃഷ്ടി ആരംഭിച്ചു ആവിദ്യമുണ്ട് അറിയുമ്പോൾ എന്ത് സംഭവിക്കും അവദ്യു പിന്നെ ആര് ശേഷിക്കും ബ്രഹ്മം മാത്രം ഇത്രയുള്ള വൃത്തി പഠിക്കാണ്ടോ അതുപോലെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അഖണ്ഡ വൃത്തി ഉണ്ടാകുന്നു ആവിദ്യ നശിക്കുന്നു ബ്രഹ്മശേഷിക്കുന്നു അതാണ് മുക്തി ഈ സന്യാസിയൊക്കെ ആയി ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് ആ മുക്തിക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള മുക്തി ഈ ഉള്ളിൽ ഞാനോ ഉണ്ടായി അവിദ്യ നശിച്ച് ബ്രഹ്മം മാത്രം ശേഷിക്കുന്ന ആ മുക്തി അതാണ് അതിനുവേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം ഈ മുക്തിക്ക് കാരണമായിരിക്കുന്ന എന്താണ് അവിദ്യയാണ് അതാണ് അനുഭവിച്ച അനുവജനീയമായ അനാദിയായ അവിദ്യ അനുവജനീയം എന്തുകൊണ്ട് പറഞ്ഞ വിദ്യ എന്തുകൊണ്ടാണ് എത്ര ലോകത്തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്റെ നാക്കലെ വെള്ളം വറ്റി ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് വെച്ച വാക്കുകൊണ്ട് പറയാൻ ാണ് അങ്ങനെയുണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങള് അറിയാ എന്താണോ ഏഹ് ഉത്തരം പറയാനറിയ എന്നൊന്നും ഇല്ല അതീ പറഞ്ഞാണ് എക്സ്പ്ലിക്കബിൾ ആ കേട്ടു പറയുന്ന സത്തന്നോ അസെന്നോ പറയാൻ കഴിയാത്തത് ഈ പറഞ്ഞത് സത്തന്നോ അസത്തന്നോ കണ്ടോ ഇവിടെ ഇരുന്നതിന്റെ പ്രയോജനം കണ്ട ഒറ്റ എണ്ണത്തിന്റെ ബോധം ഉണ്ടെണ്ണത്തിന് ബോധം ഉണ്ടാ ഇല്ല അതാണ് ഇരുന്നതിന്റെ ഗുണം സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്ത അതാണ് അനിർവചനീയം എത്രയോ തവണ കുറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഞാൻ അനുവചനീയത്തിന് സാധാരണല്ലോ ലൗകികമായ ഭാഷ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത അത് നമ്മളൊരു എന്താണ് ഒരു നല്ലൊരു ചിത്രം കണ്ട് കണ്ടിട്ട് പറയുന്നു ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് വെച്ചാൽ എനിക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയത്തില്ല ഒരു സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് പറയാം ഇൻഎക്സ്പ്ലിക്കബിൾ എനിക്ക് വാക്കുകൊണ്ട് അത് വിശദീകരിക്കാൻ പറ്റത്തില്ല പേടിച്ചുപോയി അതിനെ പറയാം ആ ഭയം അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല സന്തോഷത്തെ പറയാം വികാരങ്ങളെയൊക്കെ അങ്ങനെ പറയാം ആ അത് ലൗകികമായി സാറിന് പറയുന്നത് ഇവിടെ അനുവദനീയെന്ന് വെച്ചാൽ ോ അസത്തന്നോ പറയാൻ കഴിയാണ് അതാണ് അപ്പൊ ബ്രഹ്മത്തിൽ ഉത്പത്തിയൊന്നും സംഭവിക്കുന്നെങ്കിലും തഥാപി എങ്കിലും അനുവചനീയ അനുവചനീയമായ അനാദി അവിദ്യ ആ വിദ്യയുടെ മറ്റു വിശേഷമാണ് അനാദി എന്തുകൊണ്ട് അനാദി എന്ന് പറഞ്ഞു അനാദിന്ന് എന്തുകൊണ്ട് പറഞ്ഞു അനാദിന്ന് എന്തുകൊണ്ട് പറഞ്ഞു അത് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു പല പലതവണ പറഞ്ഞിട്ടുള്ള ഞാനിത് എത്ര കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ിംഗ് അത് തന്നെ എന്തുകൊണ്ട് അനാദി എന്ന് പറയുന്നുണ്ട് പറയാൻ കാരണം എന്താണോ അല്ല ഓരോ അദ്വൈതത്തിന്റെ ഓരോ വാഗനുണ്ടോ അത് അന്നേണ്ടോസ് എന്തുകൊണ്ട് അനാദി എന്ന് പറയുന്നു നേരത്തെ ശരി ശരിയ ചെളപ്പം ശെരിയാവും ചെളപ്പം ശരിയാവത്തില്ല പറയേ മുന്നോട്ടില്ല അവിദ്യ അനാദി എന്നെന്തുകൊണ്ട് പറയുന്നു ആദിന്ന് വെച്ചാ കാരണം കാരണമില്ലാത്തത് അതാണ് അനാദി അതിനു കാരണം ആദ്യാ കാരണം ച്ച കാരണം ഇല്ലാത്ത ആവശ്യമുണ്ട് ആദ്യ എന്ന് പറഞ്ഞാ എന്ത് മനസിലാക്കും അനാദി എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത അവിദ്യക്ക് കാരണമില്ല കാരണം ഉണ്ടെങ്കി എന്താ കൊഴപ്പം അതിന്റെ കാരണം അതിന്റെ കാരണം അനാവസ്ഥാദോഷം വരും ഇപ്പൊ അനാദി എന്ന് വെച്ചാൽ ആദ്യം എന്ന് വെച്ചാൽ കാരണം അനാദി കാരണം വിദ്യൊരു കാരണം ഇല്ല അതാണ് അനാദി എന്ന് പറയാൻ കാരണം കാരണം ഉണ്ടെങ്കിൽ എന്തു എന്ത് ദോഷം വരും അനവസ്ഥ എന്തുകൊണ്ട് അതിന്റെ കാരണം അതിന്റെ കാരണം അങ്ങനെ ആദി എന്ന് വെച്ച കാരണം അനാദി എന്ന് വെച്ചാ കാരണില്ലാത്തത് ഇനിയും പറയണോ ഇനിയും പറയേണ്ടി വരും സാക്ഷാത് പിന്നെന്ത സാധനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഒരിക്കലും മറക്കാമെന്നാണ് പക്ഷെ ആ സാധനങ്ങളാ ഇതൊക്കെ പലവണ് ഞാൻ പറഞ്ഞിട്ടുള്ള അതെ അതെ പിന്നെ സംസ്കാരം പുനഃസ്യൂട്ടി അതുകൊണ്ടല്ല ഞാനിപ്പോ ഇവിടെ ഒരു തെറി പറഞ്ഞാ നിങ്ങള് നാളെ ചോദിച്ചാൽ ഇന്നലെ എന്തോ തെറി പറഞ്ഞു ആരും മറക്കത്തില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ ഓർത്തുവയ്ക്കും അതിനോടൊരു താല്പര്യം ഇതോട്ടത് ഓർത്തുവെക്കും അത് കുട്ടിക്കാലത്തെയുള്ള ചെറിയ ഒന്നാം ക്ലാസ് പഠിച്ച ഓർമ്മ അത് മറക്കത്തില്ല കാരണം താല്പര്യം ഉള്ളത് മറക്കത്തില്ല നമുക്ക് താല്പര്യം ഇല്ല ഇത് പിന്നെ നമ്മള് ആശ്രമത്തിൽ ജീവിക്കാൻ കുറച്ചു ഇവിടെ വന്നിരിക്ക ടൈം പാസ് ആവാ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ സമയമുണ്ടെങ്കി ഒരാള് സമാധിയിലായാലും ഇല്ലെങ്കി ഇവിടെ വന്നിരിക്കും വേറൊരാള് വേറെ ഒരു പണിയില്ല ഉദ്ഘാടനങ്ങളൊന്നും ഇല്ലെങ്കി ഇവിടെ വന്നിട്ടില്ല വേറെ ആള് കറങ്ങാ വന്നിരിക്കും അങ്ങനെ ഓരോരുത്തരും ഒരു പണി ഇല്ലെങ്കി ഇവിടെ വന്നിരിക്കും താല്പര്യമുള്ളവരാണെങ്കി അങ്ങനെയാണോ ഫസ്റ്റ് ഇതിന് ഫസ്റ്റ് അത് എന്തെന്നറിയാമോ അതിന്റെ പ്രത്യേകത ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടേ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു താല്പര്യം വരികയും നമ്മൾ അതിനു വേണ്ടി അന്വേഷിച്ചു പോവുകയും എവിടെയെങ്കിലും അതിനൊരു സ്ഥലം കണ്ടെത്തുകയും അവിടെ ചെന്നിരുന്ന് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത മാർഗത്തില്ല ഇതങ്ങനെയൊന്നുമല്ല ഇത് വേറൊരു സൗകര്യങ്ങൾ ഒരുക്കി വയ്ക്കുകയാണ് ഒരാൾ അവിടെ നിന്നൊരാൾ പഠിപ്പിക്കാൻ പറ്റുന്നു നമ്മളെവിടുന്നവിടെ താമസിക്കുന്നു സൗകര്യങ്ങളൊക്കെ ജീവിക്കുന്നു അപ്പൊ നമുക്ക് അത്രയും ഒരു താല്പര്യം വരത്തില്ല താല്പര്യം വരത്തില്ല മറ്റങ്ങനെയല്ല നമ്മളന്വേഷിച്ച് പോകണത് എവിടെയാണിത് പഠിക്കാൻ പറ്റിയത് വേറെ അടുത്ത് പറ്റില്ല വേറെ അടുത്ത് അങ്ങനെ എവിടെയെങ്കിലും പോയൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താമസിച്ച് അത് വളരെ ൌന്യമുള്ളതായ കൊണ്ട് അത്രയും താല്പര്യത്തോടു കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റത്തവണ കേട്ടു ജീവിതത്തിൽ മറക്കില്ല ഒരിക്കട്ടാതി രണ്ടാമതൊരു കൂടെ കേൾക്കേണ്ട കാര്യ അത്രയും താല്പര്യം നമ്മുടെ കൂടെ ഉണ്ട് ഏഹ് അല്ല അപ്പത്തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ആളിനെ കണ്ടെത്തുന്നത് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് കഷ്ടപ്പാടെന്നു വെച്ചാൽ അധ്വാനിച്ചു കഷ്ടപ്പാട് കയറൊന്നുമില്ല വേണ്ടിട്ട് സ്ട്രെയിൻ എടുക്കുന്നു നമുക്കത് ഇതിങ്ങനെ മനസിലാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലുതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ സൈഡ് ബിസിനസ് ആയിട്ട് തോന്നുന്നു മറ്റു വലുതുകൊണ്ടെത്തീരുന്നു ഇത് ജീവിതത്തിൽ ഇതാണ് ഏറ്റവും വലുതെന്ന് കണ്ടുകഴിഞ്ഞാൽ മറക്കത്തില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടെന്നെങ്കിലും ഇത് കിട്ടുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മറക്കാത്ത മാത്രമല്ല മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിന് ഇതിന് ഇതിനു വേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രമാകും മറ്റങ്ങനെയല്ല മറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി വരുന്നു മറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി വരുന്നു മറ്റങ്ങനെയല്ല മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി വരുന്നതാണ് എന്റെ വ്യത്യാസം അങ്ങനെയാണെങ്കിൽ ആ ആ വിഷയം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഇതിന് മാത്രമല്ല ഏത് വിഷയം നമ്മൾ ഗ്രഹിക്കുന്നെങ്കിലും നമ്മള് ആ വിഷയത്തിന് വേണ്ടി മാത്രമായിരിക്കണം ആ സമയം നമ്മുടെ മനസ്സ് വേറെ ഒന്നിനും പോരുത് അങ്ങനെ ഒന്നാ ഏതു വിഷയം ഗ്രഹിക്കാൻ പറ്റും ഈ ഭൂമിക്ക് കീഴിലുള്ള ഏത് വിഷയം വേണോ ഗ്രഹിക്കുക പക്ഷെ നമ്മൾ അത് ഗ്രഹിക്കാൻ പോകുമ്പോ അതിനുവേണ്ടി മാത്രമായിരിക്കണം അതാണ് എന്റെ പ്രത്യേകത അപ്പം നമ്മുടെ താല്പര്യമാണ് ഓക്കെ